അധ്യായം പതിനഞ്ച് മോശീ ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയതെന്തെന്നാൽ ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും അവൻ മഹോന്നതൻ കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ അവൻ എനിക്ക് രക്ഷയായി തീർന്നു അവൻ എന്റെ ദൈവം ഞാൻ അവനെ സ്തുതിക്കും അവൻ എന്റെ പിതാവിൻ ദൈവം ഞാൻ അവനെ പുകഴ്ത്തും യഹോവ യുദ്ധവീരൻ യഹോവ അവന്റെ നാമ പറവോന്റെ രഥങ്ങളെയും സൈന്യത്തെയും അവൻ കടലിൽ തല്ലിയിട്ടു അവന്റെ രഥിപ്രവരന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി ആഴി അവരെ മൂടി അവർ കല്ലുപോലെ ആഴത്തിൽ താണു യഹോവെ നിന്റെ വലങ്കൈ ബലത്തിൽ മഹുത്തപ്പെട്ടു യഹോവെ നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്തുകളഞ്ഞു നീ എതിരാളികളെ ഭാവത്താൽ സംഹരിക്കുന്നു നീ നിന്റെ ക്രോധം അയയ്ക്കുന്നു അത് അവരെ താളടിയെപ്പോലെ ദഹിപ്പിക്കുന്നു നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി പ്രവാഹങ്ങൾ ചിറപോലെ നിന്നു ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ പുറച്ചുപോയി ഞാൻ പിന്തുടരും പിടിക്കും കൊള്ള പങ്കിടും എന്റെ ആശ അവരാൽ പൂർത്തിയാകും ഞാൻ എന്റെ വാൾ ഊരും എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു നിന്റെ കാറ്റിനെ നീ ഊതിച്ചു കടൽ അവരെ മൂടി അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണു യഹോവെ ദേവന്മാരിൽ നിനക്കുതുല്യൻ ആർ വിശുദ്ധിയിൽ മഹിമയുള്ളവനെ സ്തുതികളിൽ ഭയങ്കരനെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നനക്ക തുല്യൻ ആർ നീ വലങ്കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി നിന്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിന്റെ ബലത്താൽ അവരെ കൊണ്ടുവന്നു ജാതികൾ കേട്ട് നടുങ്ങുന്നു ഫിലിസ്തീയ നിവാസികൾക്ക് ഭീതി പിടിച്ചിരിക്കുന്നു ഏതോമ്യ പ്രഭുക്കന്മാർ ഭ്രമിച്ചു മോവാഭ്യ മുമ്പന്മാർക്ക് കമ്പം പിടിച്ചു കനാന്യ നിവാസികളെല്ലാം ഉരുകിപ്പോകുന്നു ഭയവും ഭീതിയും അവരുടെ മേൽ വീണു നിൻ ഭുജമാഹാത്മ്യത്താൽ അവർ കല്ലുപോലെ ആയി അങ്ങനെ യഹോവി നിന്റെ ജനം കടന്നു നീസമ്പാദിച്ച ജനം കടന്നുപോയി നീ അവരെ കൊണ്ടുചെന്ന് തിരുനിവാസത്തിനൊരുക്കിയ സ്ഥാനത്ത് യഹോവെ നിന്നവകാശത്തിൽ നീ അവരെ നട്ടു കർത്താവെ തൃക്കൈ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിങ്കൽ തന്നെ യഹോവ എന്നുമെന്നേക്കും രാജാവായി വാഴും എന്നാൽ പറവന്റെ കുതിര അവന്റെ രഥവും കുതിരപ്പടയുമായി കടലിന്റെ നടുവിൽ ഇറങ്ങിച്ചെന്നപ്പോൾ യഹോവ കടലിലെ വെള്ളം അവരുടെ മേൽ മടക്കി വരുത്തി ഇസ്രയേൽ മക്കളോ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോന്നു അഹരോന്റെ സഹോദരി മിരിയാ എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്ത് സ്ത്രീകൾ എല്ലാവരും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു മിരിയ അവരോട് പ്രതിഗാനമായി ചൊല്ലിയത് യഹോവയ്ക്ക് പട്ടുപാടുവി അവൻ മഹോന്നതൻ കുതിരയെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു അനന്തരം മോശ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു അവർ ൂർ മരുഭൂമിയിൽ ചെന്നു മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു മാറയിൽ എത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അത് കയ്പുള്ളതായിരുന്നു അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു അപ്പോൾ ജനം ഞങ്ങൾ എന്തു കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിടുത്തു അവൻ യഹോവയോട് അപേക്ഷിച്ചു യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചുകൊടുത്തു അവനത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു അവിടെ വച്ച് അവനവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു അവിടെ വച്ച് അവനവരെ പരീക്ഷിച്ചു നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിശ്രൈമേർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൌഖ്യമാക്കുന്ന യഹോവയാകുന്നുവെന്ന് അരുളി ചെയ്തു പിന്നെ അവർ ഏലീമിലെത്തി അവിടെ പന്ത്രണ്ട് നീറുറവും എഴുപത് ഈത്തപ്പനയും ഉണ്ടായിരുന്നു അവർ അവിടെ വെള്ളത്തിനരികെ പാളയമിറങ്ങി